പോണ വഴിയിൽ കുതിര താളവണ്ടിയിൽ പോകുമ്പോ ഗുരു വെങ്കിട്ടമണ ഭാഗവത പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ ഇങ്ങനെ ഒരു കിട്ടിയല്ലോ ആർക്ക് കിട്ടും എനിക്ക് പോലും ഇത്ര കാലമായിട്ട് കിട്ടിയിട്ടില്ല ഒമ്പത് വയസ്സിൽ നിനക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉടുത്തിരിക്കുന്നത് ഒരേ ഒരു തോർത്തമുണ്ടാണ് അതെടുത്തിട്ട് മുഖം മറച്ചുകൊണ്ട് കരയുക എന്താണെന്ന് മനസ്സിലായി വെങ്കട്ടരമണ ഭാഗവത ചോദിച്ചു എന്തിനാ കരയണ ത്യാഗവും അപ്പോഴാണ് അത്ര ആദ്യമായിട്ട് പാടിയത് സംഗീതജ്ഞാനമോ ഭക്തിവിനാ സന്മാർഗമോ ഗണതേവോ മനസ്സ ഇങ്ങനെയൊക്കെ ആളുകൾ നെക്ലസും മാലയും കിരീടമൊക്കെ തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ ഭക്തി എവിടെ പോകുമെന്ന് ഞാൻ എങ്ങനെ രാമനെ അനുഭവിക്കും രാമഭക്തി എനിക്ക് വേണം അതിന് ഈ രാജ്യസഭയൊന്നും പറ്റില്ല രാമഭക്തി സാമ്രാജ്യത്തിന് അധിപതികളായിട്ടുള്ള പരമഭാഗവതന്മാരുണ്ടല്ലോ സന്ദർശനമോ അവരുടെ സന്ദർശനം ബ്രഹ്മാനന്ദമാണോ അതുകൊണ്ട് രാമഭക്തി സാമ്രാജ്യത്തിന് അധിപതികളായ പരമഭാഗവതന്മാരുടെ സന്ദർശനം എനിക്ക് കിട്ടട്ടെ അദ്ദേഹത്തിന്റെ മനോഭാവങ്ങൾ ഓരോ കീർത്തനങ്ങളായിട്ട് വരണതാണ് രാമഭക്തി സാമ്രാജ്യത്തിനധിപതികളായിട്ടുള്ള പരമഭാഗവതന്മാരുടെ സമ്പർക്കം ഉണ്ടാവട്ടെ എനിക്ക് എനിക്കിത് വേണ്ട സഭ വേണ്ട ഏട്ടൻ ജപിയേശൻ ചീത്ത വിളിച്ചു പിന്നീട് ഒരിക്കൽ സരഭോജി വിളിച്ചു വരുത്തിയപ്പോൾ പോയില്ല അപ്പോഴാണ് ഒരുപാട് ചീത്ത പറഞ്ഞത് ത്യാഗരാജനെ അപ്പോഴാണ് നിധി സാലസുഖമു രാമുനി സന്നിധി സേവാ സുഖമാ നിധി ധാരാളം കിട്ടും പണമൊക്കെ കിട്ടും അത് സാലസുഖമാണോ അല്ല സുഖം ഉണ്ടാവൂ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ല രാമുനി സന്നിധി സേവാ സുഖമാനസ്സേ പറയൂ എന്നാണ് തുറന്നു പറയൂ മനസ്സേ ഇപ്പോ വെറും ചോറ് പരിപ്പ് ആണ് കഴിക്കുന്നത് ഏട്ടൻ വീട്ടിൽ നിന്ന് വിട്ടു എന്താന്ന് രാജസദസ്സിൽ വിളിച്ചിട്ട് പോയില്ല എന്ന് ആ ഏട്ടനെയും പറഞ്ഞിട്ട് കാര്യമില്ല പാവും അദ്ദേഹം എത്ര കാലമായിട്ട് പോയിട്ട് അപ്പൊ അവസാനം ഇറക്കി വിട്ടു ഇറക്കിവിട്ടപ്പോ കഴുത്തിലൊരു ബാത്റൂം കിട്ടി ഭിക്ഷാടനമാണ് ഉഞ്ചവൃത്തി അരിയും പരിപ്പും കൊണ്ടുവന്നിട്ടാണ് അഷ്ടി അപ്പോഴാണ് പറയണേ അവിടെ രാജസത്വസിൽ വിളിക്കണമെന്ന് അവിടെ പോയാലോ ദീ ദവനീത ക്ഷീരമുലൂർ റുചിയോ അല്ല തൈര് വെണ്ണ പാല് ഒക്കെ സുഖമായിട്ട് കിട്ടും നല്ലവണ്ണം ഊണ് കഴിക്കാം ദാശരഥി ധ്യാനം റുചിയോ രാമനെ ധ്യാനിക്കുന്നത് രുചിയോ അല്ല തൈരും വെണ്ണയൊക്കെ കൂട്ടി ശാപ്പാടിക്കുന്നതാണോ രുചി കാമക്രോധ കോപത്തിൽ പോയി വീഴണോ അല്ല രാമനാമമാവുന്ന ഗംഗയിൽ വീഴണോ മനസ്സിനോട് ചോദിക്കണം കമ്പാരിസൺ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ സ്തുതിക്കല്ലോ മമതാ ബന്ധനയുത നരസ്തുതി സുഖമാ അവർക്കെന്തറിയാം അവര് സംഗീത കലാ കോവിത നിധി ഒരു അര അര കിലോമീറ്റർ ദൂരമുള്ള ഒരു ടൈറ്റിലൊക്കെ തരും മമതാ ബന്ധ അതൊക്കെ അഹങ്കാരം കൂടിക്കൂടി അഭിമാനം വരും ശരീരാഭിമാനം വരും അവർ സ്തുതിക്കും തോറും മമതാബന്ധനയുത നരസ്തുതി സുഖമാ മനുഷ്യന്മാർ സ്തുതിക്കണത് എന്നാൽ സ്തുതിക്കുന്നത് വേണം ത്യാഗരാജൻ ആര് സ്തുതിക്കണമെന്ന് വെച്ചാൽ കാശിന്ന് ഒരു പരമഹംസ സന്യാസി നടന്നു വന്നു എന്തിനാന്ന് വെച്ചാൽ ത്യാഗരാജൻ പാടിക്കേൾക്കണമെന്ന് എങ്ങനെ അറിഞ്ഞു രാമൻ പോയി പറഞ്ഞു അത്ര ത്യാഗരാജൻ പാടനുണ്ട് പോയി കേൾക്കൂ എന്ന് പറഞ്ഞ് തിരുവയ്യാറിലേക്ക് ഈ എന്താ അകിഞ്ചനായ ഒരു സാധുവിനെ പറഞ്ഞേച്ചു അത് കണ്ടപ്പോ ത്യാഗരാജൻ അങ്ങനെ ഒരു സന്തോഷം തോടിയിലുള്ള പ്രസിദ്ധമായൊരു കീർത്തനം ദാശരഥേ നീരിണമുദീർപ്പനാധാരമാണ് നിന്റെ അടുത്ത് കടം തീർക്കാൻ പറ്റുമോ എനിക്ക് എന്നാണ് ഒരാള് രസിച്ചു കഴിഞ്ഞാൽ ഈ സംഗീതം വളരെ നന്നായിരിക്കണം നാട് നിങ്ങൾ പറയണ പോലെ ആശതീര ദൂരദേശം ദൂരദേശത്തിലൊക്കെ പോയിട്ട് എന്റെ ത്യാഗരാജൻ നല്ലവണ്ണം പാടണോ നീ വന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് ഭക്തന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരുന്നുവല്ലോ രസിക്ക ശിരോമണി എന്നാണ് എങ്ങനെയൊക്കെ ആസ്വദിച്ചിരിക്കണമെന്ന് നോക്കൂ ഭക്തി ഭഗവാനെ രസിക ശിരോമിണി ഈ ആളുകളൊന്നുമല്ല കൈതട്ടണവരോ ജനങ്ങളല്ല രസിക ശിരോമിണി അത് ആശരഥിയാണ് അത്ര അപ്പൊ അങ്ങനെയൊക്കെ ആസ്വദിച്ച് അങ്ങനെയൊക്കെ രസിച്ച് ഭഗവാനെ അനുഭവിച്ച് അവർ പാടി ലോകത്തില് ആരെങ്കിലുമൊക്കെ കൈതട്ടാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല അതാണ് പലയച്ച ഇല്ലാത്തത് രാഗരാജനെ പോലും അറിയാതെ ശരഭോജി മഹാരാജാവ് ഭിക്ഷാപാത്രത്തിൽ കുറച്ച് സ്വർണ്ണക്കോയിനും കൊണ്ടുപോയിട്ടു അത്രേം അരി പോലും അശുദ്ധമായി എന്ന് വന്ന് കാവേരിയിൽ കൊണ്ടുപോയി തൂത്തു കിടന്നു വന്നാണ് എന്ത് വൈരാഗ്യം ഗൃഹസ്ഥനാണ് ഒരു മകളുണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് ഈ കൂട്ട് നമ്മുടെ സ്വാമിജിയുടെ കഥയിൽ പറയുമല്ലോ തോരനോ കൂട്ടാനോ എന്തോ വയ്ക്കാൻ പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ നാടുവിട്ട് പോയിട്ട് പിന്നെ വരുന്നത് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ളവർക്ക് കുടുംബം നടത്താൻ പറ്റുമോ അപ്പോ അങ്ങനെയൊക്കെ ഇരുന്നു കൊണ്ടും അവർക്ക് ലോകം മുഖ്യമല്ല എന്തോ പ്രാരബ്ധം കൊണ്ട് ലോകത്തിൽ ഇരിക്കണമെന്നല്ലാതെ ലോകം മുഖ്യമല്ല പ്രാരബ്ദം ലോകത്തിൽ ഇരിക്കേണ്ടി വരുന്നു ലോകത്തിൽ എന്തോ ചെയ്യണോ പണി ചെയ്യണു എന്തോ അതുകൊണ്ട് കിട്ടണം ജീവിക്കണോ പക്ഷേ ശ്രദ്ധ മുഴുവൻ എവിടെയാ ഭഗവാന്റെ അടുത്താണ് ഭഗവത് ധ്യാനത്തിലാണ് ഭഗവത് അനുഭവത്തിലാണ് അപ്പോ ഇങ്ങനെ ഒരു ഭക്തി എങ്ങനെ ഉണ്ടായി നമ്മളും നാമം ജപിക്കണോ ത്യാഗരാജനും നാമം ജപിക്കണം നമ്മളും പൂജ ചെയ്യണോ ത്യാഗരാജനും പൂജ ചെയ്തു നമ്മളും നാമം ജപിക്കണു ചൈതന്യ മഹാപ്രഭുവും നാമം ജപിച്ചു എവിടെ വ്യത്യാസം വന്നു ഒന്ന് അഭ്യാസമാണ് ഒന്ന് ജ്ഞാനപൂർവകമായ അഭ്യാസമാണ് ശ്രേയോഹി ജ്ഞാനം അഭ്യാസ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഈ അഭ്യാസത്തിനോടുകൂടെ എന്തിനു വേണ്ടിയാണിത് ചെയ്യണത് എന്നും കൂടെ ചേരട്ടെ അല്ലെങ്കിൽ ആ കർമ്മം പറയും ജഡമായിത്തീരും ഇതൊന്നും എന്തെങ്കിലും ലോകത്തിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ നാല് ആളുകൾ നമ്മളെ കണ്ട് സ്തുതിക്കാൻ വേണ്ടിയിട്ടോ ഇവരെ പോലെ ഒരു മഹാത്മാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ധാരാളം പണം കിട്ടാൻ വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ ദ്രവ്യലാഭത്തിനോ ധനലാഭത്തിനോ പ്രതിഷ്ഠാ ലാഭത്തിനോ ഒന്നുമല്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ അതാത് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിന്നു പോവും നമ്മൾ അപ്പോ ലക്ഷ്യത്തിനെ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടത് ഇതിനെക്കാളും ശ്രേയസ്കരാണ് ഞാനാത് ധ്യാനം വിശിഷ്യത ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത് ഈ ജ്ഞാനത്തിനേക്കാളും ധ്യാനം ശ്രേഷ്ഠം എന്നല്ല അർത്ഥം പിന്നെന്താ ആ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ധ്യാനം വിശിഷ്ടമാകുമെന്നാണ് അല്ലെങ്കിലോ ധ്യാനം ചെയ്യണോ എന്തിനാ ധാരാളം പേരുണ്ട് മെഡിറ്റേ രാവിലെ എണീറ്റാൽ ഹാഫ് ആൻ അവർ മെഡിറ്റേഷൻ ദിവസമുണ്ട് എന്തിനാ അത് ബി ഒക്കെ കുറയും ബാലൻസ്ഡ് ആയിട്ടിരിക്കണം മെഡിറ്റേഷൻ കൊണ്ട് ബി ഒക്കെ അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക സൗന്ദര്യം വർദ്ധിക്കുക ഇതൊക്കെയാണ് മെഡിജ എന്തുകൊണ്ടാ അറിവില്ല എന്തിന് ധ്യാനിക്കണമെന്ന് അറിവില്ല കൊക്ക് ധ്യാനിക്കണ പോലെ തന്നെ ഭഗദ്ധ്യാനം ശ്രേയോഗി ജ്ഞാനം അഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യത്തെ ആ ജ്ഞാനം കൊണ്ട് ലക്ഷ്യത്തിനെ അറിഞ്ഞുകൊണ്ടാണ് ഇവൻ ധ്യാനിക്കണമെങ്കിൽ ധ്യാനം അങ്ങനെ വേണ്ട വിധത്തിൽ ധ്യാനിക്കുന്ന ആൾ ഇവിടെ ധ്യാനം എന്ന് വെച്ചാൽ ഒരു രൂപത്തിനെ ധ്യാനിക്കൽ എന്നുള്ളത് മാത്രമല്ല കർമ്മതത്വത്തിനെ ധ്യാനിക്കൽ അതാണ് ഇവിടെ ഭഗവാൻ പറയണത് അതായത് കർമ്മം ചെയ്യണത് കർമ്മം എന്തിന് ചെയ്യണോ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതാണ് ഉത്തരം കർമ്മം എന്തിന് ചെയ്യണോ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കർമ്മം ചെയ്യണം അപ്പൊ എങ്ങനെ കർമ്മം ചെയ്യണം കർമ്മണീയവ അധികാര മാ ഫലേഷു വേണ്ടി ആവരുത് കർമ്മം ഫലത്തിനു വേണ്ടി കർമ്മമല്ലെങ്കിൽ പിന്നെ ഞാൻ കർമ്മം ചെയ്തിട്ടെന്ത് കാര്യം മാ കർമ്മ ഫലഹേതൃഭൂഹു കർമ്മം ഫലത്തിനു വേണ്ടി ആവരുത് പിന്നെ എന്തിനാ കർമ്മം കൊഴിഞ്ഞു പോവാൻ വേണ്ടി കർമ്മം ചെയ്യൂ എന്നുവെച്ചാൽ കർമ്മം എന്ന് പറയുന്നത് നിന്റെ ഉള്ളിലൊരു ഡിസ്റ്റർബൻസാണ് അർജാണത് ആ അർജ് തീർന്നു പോയാൽ നീ സ്വതന്ത്രനാവും സ്വതന്ത്രനായ ശേഷം സ്വതന്ത്രനായവൻ എപ്പോഴും പ്രകൃതിയുടെ കയ്യിൽ ഈശ്വരന്റെ കയ്യിൽ ഒരു യന്ത്രമായിട്ട് തീരും അപ്പൊ എന്ത് നടക്കണോ നടക്കും ഇപ്പൊ നീ സ്വതന്ത്രനല്ല ഉള്ളിലുള്ള വാസന പലതും ചെയ്യിപ്പിക്കുകയാണ് അതുവരെ നീ ബദ്ധനാണ് അതുകൊണ്ട് കർമ്മം ഉള്ളിൽ നിന്ന് വാസനാരൂപത്തിൽ കിടക്കണ വരെ നീ സ്വതന്ത്രനല്ല അതുകൊണ്ട് ആ വാസന ഒഴിഞ്ഞു പോവാനായിട്ട് കർമ്മം ചെയ്യും മാ കർമ്മ ഫലയെ തുറമ്പോകും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ കർമ്മവാസന ഒഴിയാനായിട്ട് കർമ്മം ചെയ്യും എനിക്കൊന്നും കിട്ടണമെങ്കിൽ ഞാൻ കർമ്മം ചെയ്യണില്ല മാതേ സംഘാസ്തു അകർമ്മണി പക്വമാവണതിന് മുമ്പ് അയ്യേ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ഇരിക്കേണ്ട ഇരിക്കാൻ പറ്റില്ല മാതേ സംഘാസ്തു അകർമ്മണി എന്താണെന്ന് വെച്ചാൽ ഇരുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ ഉള്ളല്ലോ വാസന ഉണ്ടല്ലോ ഈ കർമ്മതത്വത്തിനെ നല്ലവണ്ണം ധ്യാനിക്കുക അതിനെക്കുറിച്ചുള്ള ജ്ഞാനം സമ്പാദിക്കുക ഇപ്പൊ ഈ ശ്ലോകത്തിനെ മുഴുവൻ കർമ്മയോഗമായിട്ടാണ് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നത് ശ്രേയോഗി ജ്ഞാനം അഭ്യാസം നമ്മളിപ്പോ ഭക്തിയായിട്ട് പറഞ്ഞു കർമ്മയോഗമായിട്ട് നോക്കുമ്പോ എന്താ വെറുതെ കർമ്മം ചെയ്യണതിനേക്കാളും ലോകത്തിലെല്ലാരും കർമ്മം ചെയ്യേണ്ടല്ലോ പല ആളുകളും പറയണത് എന്താ ഞങ്ങളിപ്പോ അധ്യാത്മത്തിനൊന്നുമില്ല ഞങ്ങൾ ഗീത്ത് പറയണ പോലെ കർമ്മയോഗമാണ് പോകുന്നത് എന്താ കർമ്മയോഗം മാട് പണിയെടുക്കണം പോലെ പണിയെടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ടോ പിന്നെന്തൊക്കെയോ കിട്ടണതൊക്കെ അനുഭവിക്കും അങ്ങനെ ജീവിക്കും ഇത് ഗീത് പറഞ്ഞ കർമ്മയോഗമല്ല കർമ്മയോഗം എന്ന് വെച്ചാൽ ഭഗവാൻ പറയണത് അറിയണം അപ്പൊ വെറുതെ ജഡമായി ഇങ്ങനെ കർമ്മം ചെയ്യണതിന് പകരം അറിഞ്ഞിട്ട് കർമ്മം ചെയ്താൽ ശ്രേയോഹി ജ്ഞാനം അഭ്യാസ ആ കർമ്മം എങ്ങനെ ചെയ്യണമെന്നും കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കർമ്മം എന്ന് പറയണത് ശരീരം തന്നെ ഈ കർമ്മം ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ലോകത്തിൽ ഓരോരുത്തരും അവരവരുടെ കർമ്മം എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് കർമ്മം സംഘം കൂടാതെ നിസ്സംഗമായിട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ കൗശലമാണ് അതിന് രണ്ട് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് എന്താ അവരുടെ കർമ്മം എന്താണെന്ന് കണ്ടുപിടിക്കണം സെക്കൻഡ് പോയിന്റ് വന്ന് കൗശലത്തോടുകൂടെ അത് ചെയ്യാൻ പഠിക്കണം ദർഭ പറിക്കുമ്പോൾ കൈ മുറിയാതെ ദർഭ പറിക്കാൻ അറിയണവനാണ് കുശലൻ കുശലോ ആ തീതി അവന്റെ സാമർഥ്യമാണ് കൗശലം കൈമുറിയാനും പാടില്ല ദർഭം പറിച്ചെടുക്കുകയും അതുപോലെ കർമ്മം ചെയ്യും വേണം കർമ്മത്തിന്റെ ഹേർട്സ് അതിന്റെ ഇമ്പാക്ട് ഉള്ളിലുണ്ടാവാൻ പാടില്ല അങ്ങനെ കർമ്മം ചെയ്യാൻ പഠിച്ചാൽ അതെങ്ങനെ പഠിക്കും ധ്യാനാത് ഞാൻ അത് ഈ കർമ്മത്തിന്റെ തത്വത്തിനെ നല്ലവണ്ണം വിചാരം അറിഞ്ഞിട്ട് ധ്യാനാത് കർമ്മഫലത്യാഗ അടുത്തപടി എന്താ എക്സിക്യൂഷനാണ് ലോകത്തിൽ പ്രവർത്തിക്കുമ്പോ സഹജമായിട്ട് അയാൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഫലം ആരെങ്കിലും അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഭക്തന് പ്രശ്നമേ അല്ല ഒരു മഹാത്മാവുണ്ടായിരുന്നു ധാരാളം വാഴ വയ്ക്കും അദ്ദേഹം വാഴ വെച്ച് വർഷാവർഷം ധാരാളം കായ്ക്കും എല്ലാ വർഷവും കായ്ക്കും കായ് കഴിഞ്ഞ് അദ്ദേഹം എന്താ ചെയ്യണം ആർക്കും മനസ്സിലായില്ല കുറേയൊക്കെ അദ്ദേഹം കായം കൊണ്ടുവന്ന് അടുത്ത വീട്ടുകാർക്കൊക്കെ കുറച്ച് കൊടുക്കും ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് അടുത്തുള്ളവരൊക്കെ മനസ്സിലാക്കിയത് ഇദ്ദേഹം വയ്ക്കുന്ന വാഴ വളരെ മെനക്കെട്ട് അതിന് വെള്ളമൊക്കെ കൊണ്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് നല്ലവണ്ണ് നോക്കും കുറച്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾ മനസ്സിലാക്കിയത് എല്ലാ വർഷവും കായ മൂത്ത് കഴിഞ്ഞാൽ ആരോ അന്ന് കട്ടോണ്ടുപോകേണ്ടെന്ന് അത് അദ്ദേഹം ആരുടെ അടുത്തും പറഞ്ഞില്ല ഇങ്ങനെ കട്ടുകൊണ്ടുപോയിന്നും പറഞ്ഞില്ല അടുത്ത വർഷം അതുകൊണ്ട് അദ്ദേഹം വാഴ വയ്ക്കാതിരുന്നു പതിവ് പോലെ വാഴ വയ്ക്കും വെള്ളമൊഴിച്ചു കൊടുക്കും മണ്ണ് കൂട്ടിക്കൊടുക്കും മെനക്കെടും സമയാവുമ്പോ അവരൊന്ന് കൊണ്ടുവരേണ്ട കൊണ്ടുപോകേണ്ടവരും ഒന്ന് കൊണ്ടുപോകും കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു ഈ അറിയണവർ നിങ്ങൾ ദിവസ് എല്ലാ വർഷവും വാഴ വയ്ക്കണം വള്ളം വെച്ചു കൊടുക്കണം വള്ളിട്ട് കൊടുക്കണം മണ്ണുകൂട്ടി കൊടുക്കും എന്നിട്ട് ഈ കായ മോഷണം പോണ്ടത് ഞങ്ങൾ മനസ്സിലാക്കി ഏയ് മോഷണമൊന്നും പോയില്ലല്ലോ നല്ലവരെ മഹാത്മാക്കൾ അവരായിട്ട് ഒന്ന് കൊണ്ടുപോവാണ് എന്താ പറയണവ് അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോ ഈ വാഴ വയ്ക്കുന്നത് എന്തിനാ ഞാനിപ്പോ ഈ കായൊക്കെ വറുത്ത് തിന്നാൻ പോണ്ടോ ഒന്നുമില്ല ഞാനിപ്പോ നേരാ നേരം ഇത്തിരി മൊരിഞ്ഞോറ് കഴിക്കുക അത്രേ ഉള്ളൂ ഇപ്പൊ എന്തിനാ ഇതൊക്കെ വെച്ച് നേരം പോണമല്ലോ സമയം പോണമല്ലോ കുറെ വാഴ വയ്ക്കുകയാണ് മണ്ണൊക്കെ കൂട്ടിക്കൊടുക്കുകയാണ് അപ്പൊ കാച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ഇതൊക്കെ നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാർക്കോ അവർക്കോ ഒക്കെ എനിക്ക് അറിയണവർക്കൊക്കെ കൊണ്ടു കൊടുക്കും അതിപ്പോ ഞാൻ ഇത്തിരി മെനക്കെടണം ചിലപ്പോ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞാൻ തരുണല്ലോ പറഞ്ഞ് വാങ്ങിക്കും ഇപ്പൊ ആ ബുദ്ധിമുട്ടൊന്നും അവര് വയ്ക്കണില്ല അവര് വേണ്ടവരാണ് വന്ന് എടുത്തുകൊണ്ടുപോകണത് ഞാൻ കൊടുക്കുമ്പോഴും വേണ്ട സമയാവുമ്പോ അവര് വന്നിട്ട് എന്നെ അല്പം പോലും മെനക്കെടുത്താതെ വന്ന് എടുത്തുകൊണ്ട് പോകണം ഇത്ര ലാഘവത്തോടുകൂടെ ആ കർമ്മത്തിന്റെ ഫലത്തിനെ സംഘമില്ലാതെ തനിക്കൊന്നും അന്ന് കിട്ടാനില്ലെന്നിരിക്കണമെങ്കിൽ അത്ര കണ്ട് അതിനു മുമ്പ് അത് ചെയ്ത് കർമ്മത്തിന്റെ രഹസ്യം അറിഞ്ഞ ആൾക്കേ പറ്റൂ അല്ലെങ്കിൽ നഷ്ടക്കച്ചവടം നഷ്ടക്കച്ചവടം നഷ്ടക്കച്ചവടം നമുക്ക് ഒന്നില് വിറ്റ് കാശ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോ അവൻ സന്തോഷിക്കുന്നത് കാണണം അല്ലെങ്കിൽ ഒന്ന് ഫോട്ടോ എടുക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾക്ക് നമ്മളുടെ ഈഗോവിന് പ്ലഷർ സീക്കിംഗ് സെന്റർ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ അതിനെന്തെങ്കിലുമൊക്കെ കിട്ടണം ഒന്നിൽ പണം കിട്ടണം അല്ലെങ്കിൽ നാലുപേര് ഇതുപോലെ ഒരാളില്ല എന്ന് പറയണത് കിട്ടണം ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല പണി ഇതിപ്പോ ഒന്നും കിട്ടാനില്ലെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കർമ്മണ്യവ അധികാരസ്ഥേ മാ കർമ്മഫലഹേ തുർഭൂ മാതേ സങ്കോസ്തു അകർമ്മണി ഈ നാല് പോയിന്റും ശരിക്കും മനനം ചെയ്താൽ കർമ്മഫലത്യാഗ കർമ്മത്തിന്റെ പെർഫെക്ഷനാണ് സകൃത് കർമ്മ ഭഗവാൻ പറയണത് കൃത്സ്ന കർമ്മകൃത് ഗീതയിലെ ആരാണ് പെർഫെക്ട് കർമ്മയോഗി കൃത്സ്നകർമ്മകൃത്ത് എന്നാണ് അവന്റെ കർമ്മം അവിടെ തന്നെ പൂർണ്ണമായി തീർന്നു അതിന്റെ ഫലത്തിലല്ല ഫലം കിട്ടിയിട്ടൊന്നും ആവാനില്ല കർമ്മം കർമ്മം ചെയ്യുമ്പോ തന്നെ പൂർണ്ണമായിട്ട് തീർന്നു കൃത്സ്ന കർമ്മകൃത്ത് എന്നാണ് അവൻ കൃത്സ്നകർമ്മ അങ്ങനെ കർമ്മത്തിനെ സമ്പൂർണമായും ശ്രിതം ചെയ്യാം അതെങ്ങനെ സാധിച്ചു ജ്ഞാനാത് ധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാത് ശാന്തിരനന്തരം ത്യാഗം കൊണ്ട് അങ്ങനെ ത്യാഗം ചെയ്താൽ ഫലമൊന്നും എന്ന് പറയാൻ ലൗകിക ഫലമൊന്നുമില്ല അത്രയുള്ളൂ പക്ഷേ അതിൽ പറ്റില്ലാത്തതുകൊണ്ട് എന്തായി ഉള്ളില് നിറഞ്ഞ ശാന്തിയാണ് മറ്റേത് ഫലം കിട്ടുമ്പോ കിട്ടും കിട്ടും എത്ര കിട്ടും എത്ര കിട്ടും എത്ര കിട്ടും നോക്കിക്കൊണ്ടേയിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷം അതെത്ര നേരം ഉണ്ടാവാൻ പോകണോ കുറച്ചു നേരത്തേക്ക് അല്ലേ ഇപ്പൊ ഈ വാഴ വെച്ച് അതിൽ എത്ര പഴം തിന്നാൻ പറ്റോ ഒന്നോ രണ്ടോ തിന്നും തിന്നുമ്പോഴോ ഈ കണ്ഠത്തിന് ചുവട്ടിൽ ഇറങ്ങണ വേറെ ഒരു മായ ശരി അത് കഴിഞ്ഞപ്പൊ നോക്കും ഒരേപോലെ തന്നെ കുറേ അല്പം ഫലം എന്ന് വെച്ചാൽ അല്പ മാത്രമുള്ളതാണ് മറ്റേതോ അനന്ത ഫലമാണ് ാലോചിച്ച് നോക്കൂ സീക്രട്ട് അറിഞ്ഞവരാണ് അവർക്ക് ശാന്തി ഭഗവാനെ കിട്ടും കർമ്മഫലത്യാഗം ചെയ്യുന്നവർക്ക് ഭഗവാനാണ് ഫലം മറ്റേ കർമ്മഫലമാണ് അയാൾക്ക് കിട്ടുന്നത് ഒരു രാമായണം പറയുന്ന ഒരു ഭാഗവതർ അദ്ദേഹം ഒരിക്കലും എന്നോട് തന്നെ പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പണായിട്ട് പറയണത് തമാശ ആയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു ഞാൻ ശിവാനന്ദ സരസ്വതിയെ കാണാൻ ഋഷികേശിൽ പോയി പോയപ്പോ ശിവാനന്ദ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു ത്യാഗരാജരുടെ കഥയൊക്കെ ഞാൻ പറയുന്നുണ്ട് അതുപോലെ രാമായണം കഥയൊക്കെ പറയണു തുളസീദാസ് കബീർദാസ് എല്ലാവരുടെ കഥയും പറയണു അവർക്കൊക്കെ രാമൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ട് പക്ഷെ എനിക്ക് രാമൻ സ്വപ്നത്തിൽ പോലും വരണില്ലല്ലോ ത്യാഗരാജ സ്വാമിക്ക് രാമൻ പ്രത്യക്ഷമായിട്ട് വന്നു അത്ര തൊണ്ണൂറ്റിയാറ് കോടി രാമനാമൻ ജപിച്ചപ്പോ എനിക്ക് സ്വപ്ത്യക്ഷമായി രാമനെ കാണാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്നറിയാം സ്വപ്നത്തിലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ വന്നൂടെ റെഗുലറായിട്ട് ശൂർപ്പണക താടക ഉപകരണൻ ഒക്കെ വരണൂടെ ഈ രാമൻ മാത്രം വരണേലോ അദ്ദേഹം തന്നെ അപ്പൊ ശിവാനന്ദ സ്വാമി പറഞ്ഞു ഇത്രേ അത് വേറൊന്നുമല്ല നിങ്ങൾ ഈ രാമായണം പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് ദക്ഷണം കിട്ടും എന്ത് ദക്ഷിണ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ഈ ശൂർപ്പണകം തടയുക എപ്പോഴാണോ രാമകഥയെ തന്നെ ആസ്വദിച്ച് പറയാൻ തുടങ്ങുന്നത് അപ്പൊ രാമൻ വരും ആ പറയണത് തന്നെ ആനന്ദാവുമ്പോ രാമൻ വരും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് കിട്ടും ആലോചിച്ചാൽ ശൂർപ്പണയും താടകയും കുംഭകർണനും ഒക്കെ വരൂ ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത്ത് ജ്ഞാനാത്ത് ധ്യാനം വിശിഷ്യത്തെ ധ്യാനാത്ത് കർമ്മഫലത്യാഗ ത്യാഗാത്ത് ശാന്തിരനന്തരം അന്തരം അന്തരം എന്ന് വെച്ചാൽ ഇനി ഒരു ഇടയില്ല എന്നർത്ഥം ഈ കർമ്മഫലത്യാഗം ചെയ്തിട്ട് പതുക്കെ ശാന്തിയല്ല ത്യാഗം ചെയ്യുന്ന ക്ഷണത്തിൽ തന്നെ ശാന്തി ശാന്തി എന്ന് വെച്ചാൽ എന്താ ശാന്തോയം ആത്മാ ശാന്തി തന്നെ ആത്മ ആത്മാവിന്റെ സ്വരൂപം എന്ന് പറഞ്ഞ് ശാന്തി തന്നെ ആത്മസ്വരൂപം ശാന്തി തന്നെ മോക്ഷം ശാന്തി തന്നെ സ്വസ്വരൂപം ശാന്തി തന്നെ മനസ്സിന്റെ സമ്പർക്കമില്ലാത്ത സ്ഥിതി ശാന്തി തന്നെ പൂർണ്ണത ശാന്തി തന്നെ നിർവികൽപ്പ സമാധി എന്ന് പറയണത് कर्मफलेदे कर्तृत्मलागे नैके अमृतमानशु न कर्मण न प्रजया न धन त्यागनके अमृतमानशु कर्मणा न कर्मण न प्रजया धन न्यागेन के अमृतमानशु परेण नाकंग गुहायां बिभ्राज ततयो विशंती ോനസുനിശിത്ത സോതയ ശുദ്ധസത് ബ്രഹ്മലോകേതു പരാ പരാമൃത പരിമുച്ചേ ദഹ്രം വിപം പരമേശ്മഭൂതയു പുരീകം പുരമധ്യസ്രസ്താവിദ്രംഗനം വിശോകസ്തയന്തവയ യോ വേദാദോ സ്വരപ്രോക്തോ വേദാന്തേ ച പ്രതിഷ്ഠിതൃതിലീന സമഹേശ്വര ഇത്രയും മന്ത്രങ്ങൾ സന്യാസികൾക്ക് പൂർണ്ണകൂമ്പം കൊടുക്കുമ്പോ പറയും ഫലത്തിനെ ത്യാഗം ചെയ്തവനാണ് സന്യാസി ഗീതയുടെ അഭിപ്രായം എങ്ങനെയാണ് ആര് കർമ്മഫലത്തിൽ ഇച്ഛിക്കണില്ലയോ അവൻ സന്യാസിയാണ് ആ സന്യാസി ഹൃദയ ഹൃദയകുഹരത്തില് സന്യാസയോഗം കൊണ്ട് ചിത്തശുദ്ധി നേടി ഹൃദയകുഹരത്തില് ശോകമില്ലാത്തതായ നിത്യനിരന്തരം പ്രകാശിക്കുന്നതായ നിർവാണപഥത്തിനെ ദർശിക്കണോ എന്നാണ് ലഹ്രം വിപാപം പരമേശ്മഭൂതം പുണ്ടരീകം പുരമധ്യസഗൃസ്ഥം ഈ ശരീരത്തിന്റെ മധ്യത്തില് സംസ്ഥം ഇരിക്കുന്നതായ ഒരു ദഹരം ഒരു കുഹരം അവിടെയുള്ള പുണ്ഡരീകം ഒരു താമര ആ താമരയിൽ യഥ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടോ തതുപാസിതൃം അതിനെയാണോ ഉപാസിക്കേണ്ടതെന്ന് അതിനെയാണ് അറിയേണ്ടത് ദഹ്രം വിപാപം പരമേശ്മഭൂത പുണ്ടരീകം പുരമധ്യസഗൃസ്ഥം തത്രാപിദഹ്രം ഗഗനം വിശോക അവിടെ ഒരു ആകാശം അവിടെ ഒരു സ്പേസ് ചിതാകാശം കസ്മി യതന്ത അതിനകത്തെന്തുകൊണ്ടോ തതുപാസിതവ്യം യോ വേദാദോ സ്വരപ്രോക്തോ വേദത്തിന്റെ ആദിയിൽ ഏതൊന്ന് സ്വരമായിട്ടുണ്ടോ വേദാന്തേജപ്രതിഷ്ഠിത വേദത്തിന്റെ അന്തത്തിൽ ഏതൊന്ന് പ്രതിഷ്ഠിതമാണോ തസ്യ പ്രകൃതിലീന സത്വരജസ്തമോ ഗുണം ചിത്തവൃത്തിമയമായിരിക്കുന്ന മനസ്സിന്റെ ഉള്ളിൽ അവൻ ഒളിഞ്ഞുകിടക്കണോ യതിനപ്പുറം സാക്ഷിയായി അവൻ നിൽക്കുന്നു സമഹേശ്വര അവനെ അറിയണമെങ്കിലോ എന്തുവേണം കേൾക്കണം മനനം ചെയ്യണം നിധിധ്യാസനം ചെയ്യണം ഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കണം ത്യാഗം ചെയ്യണം ത്യാഗം കൊണ്ടേ അവൻ കിട്ടപ്പെടൂ കിട്ടുള്ളൂ ത്യാഗേനയിക്കേ ത്യാഗം കൊണ്ടാണ് ആ പരമേശ്വരനെ പരമാത്മാവിനെ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് അത്രയും പറഞ്ഞ് ഭഗവാൻ ആ സംഹിതയെ ആ ടോപ്പിക് അവിടെ സംഹരിക്കണം അവിടെ ഉപസംഹരിക്കാൻ എന്നിട്ട് പറയണു അങ്ങനെയുള്ള ത്യാഗി എങ്ങനെയുണ്ടാവും ലോകത്തിൽ ഭക്തൻ എങ്ങനെയുണ്ടാവും ഭക്തൻ എന്താണ് ലക്ഷണം എളുപ്പത്തിൽ നമ്മൾ ഭക്തനെ നിർവചിച്ചു കളിയും അയാൾ നല്ല ഭക്തനാണ് അയാൾ ചന്ദന കുറിയിട്ടുണ്ട് ദിവസം മൂന്നേരം അമ്പലത്ത് പോവും അതുകൊണ്ട് ഭക്തനാണ് അല്ലെങ്കിൽ ഭാഗവതം വായിക്കും അതുകൊണ്ട് ഭക്തനാണ് നാമം ജപിക്കും ഒക്കെ നമ്മൾ എളുപ്പത്തിലെ ഒരാളെ പുറമേക്ക് കണ്ടിട്ട് നിർവചിക്കാം ഭഗവാൻ പറയണത് അകമയുള്ള ലക്ഷണങ്ങള് ആണ് ഭക്തന്റെ ലക്ഷണങ്ങൾ അവനെ ഭാവഗ്രാഹി ജനാർദ്ദന ഭഗവാൻ ഉള്ളിലിരുന്ന് ഗ്രഹിച്ചോളൂ ആര് ഭക്തൻ എന്നുള്ളത് ഭഗവാൻ വേണം ആ ഭക്തന്റെ ലക്ഷണങ്ങളാണ് ആന്തരിക ലക്ഷണങ്ങൾ ബാഹ്യലക്ഷണങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും അനുകരിക്കാം തുളസിമാല ഇടുന്നതും രുദ്രാക്ഷമാല ഇടുന്നതും ചന്ദനക്കുറി ഇടുന്നതും ഭസ്മ ഇടുന്നതും ആർക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെ സിനിമയില് ഒരാൾ നടിക്കുമ്പോ പരമഭക്തന്മാരായിട്ടൊക്കെ നടിക്കില്ലേ അവരത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി അവര് ഭക്തന്മാരാണെന്ന് പുറകെ നടന്നാൽ അവർ വേറെ എവിടെങ്കിലും പോവും മഹാവിഷ്ണുവായിട്ടൊക്കെ നടിക്കും അല്ലെ മഹാവിഷ്ണുവായി നടിച്ചു നടിച്ച് ഒരാള് മുഖ്യമന്ത്രിയായി തീർന്നു പറയല്ലേ നാട്ടുകാരൊക്കെ അയാൾ വിഷ്ണുവായിട്ടാണ് കരുതിയത് എം ടി രാമറാവു എം ടി രാമറാവും അദ്ദേഹത്തിന് രാമറാവു എന്നല്ല പറയുക ഡ്രാമറാവു എന്നാണ് പറയുക ഡ്രാമയിൽ നടിച്ച് നടിച്ച് അദ്ദേഹം മഹാവിഷ്ണുവായിട്ട് ജീവിതത്തിൽ നടിക്കുകയും മുഖ്യമന്ത്രിയായി തീരുകയും ചെയ്തു അപ്പോ എന്നുവെച്ചാൽ ഭക്തൻ അല്ലാതിരിക്കണമെന്ന് അർത്ഥമില്ല അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അല്ല എന്ന് പറയാൻ വയ്യ എന്നാലും പറയാം അതൊക്കെ നമുക്ക് അനുകരിക്കാം പുറമേക്ക് കാണിക്കാം ആന്തരിക ലക്ഷണങ്ങള് നാടകം പോലെ നടിക്കാൻ പറ്റുക ആ ആത്മഗുണം ആന്തരിക ലക്ഷണങ്ങളെ ഭക്തന്റെ ജീവൻ മുക്തന്റെ യോഗിയുടെ കർമ്മയോഗിയുടെ ജ്ഞാനിയുടെ എല്ലാവർക്കും ഒരേ ലക്ഷണമാണ് എന്നുവെച്ചാൽ ഇവിടെ എല്ലാം ഒന്നായി ഈ ഉള്ളിൽ വന്ന് നോക്കുമ്പോ എല്ലാരും ഭക്തനും ജ്ഞാനിയും യോഗിയും ഒക്കെ ഒന്നായി അഹങ്കാരക്ഷയം വന്ന് മുക്തപുരുഷനായ ഒരു ഭാഗവതോത്തമന്റെ ലക്ഷണങ്ങളാണ് ഭഗവാൻ അടുത്ത ശ്ലോകം മുതൽക്ക് പറയണത് നോക്കാം അദ്വേത മൈത്രക്കരുണയേ ചോ നിരഹാര സമദുഖസുഖമീ സന്തുഷ്ട സതത്തോ യഥാത്മാദൃഢനിശ്ചയ മയ്യർപ്പിതമനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ എനിക്ക് ഗുരുവായൂരപ്പനെ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു ഇപ്പൊ ഗുരുവായൂരപ്പൻ പറയണത് എനിക്കരെ ഇഷ്ടം അവരെയാണ് പറയുന്നത് നമുക്ക് ഗുരുവായൂരപ്പനെ ഇഷ്ടം ഗുരുവായൂരപ്പൻ ആരെയാ ഇഷ്ടം എന്നാണ് നോക്കണത് ഗുരുവായൂരപ്പൻ എങ്ങനെയുള്ള ആളെ ഇഷ്ടപ്പെടുന്നു ഭഗവാൻ പറഞ്ഞ അങ്ങനെയുള്ള ആളെ ഞാൻ പുറകെ നടക്കും നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമി അഹം നിത്യം പൂയേതി അങ്ക്രിരേണുബിഹി ഒരു ഭക്തന് പുറകെ ഞാൻ നടക്കണം ആ ഭക്തന്റെ ലക്ഷണം എന്താ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല മുനിയാണവൻ നിരന്തരം ആത്മധ്യാനം ചെയ്യുന്നവൻ ശാന്തനാണ് ആരോടും വെറുപ്പ് ദ്വേഷമില്ല സമദർശിയാണ് അവന്റെ പുറകെ ഞാൻ നടക്കണമെന്ന് പറയാം ഭഗവാൻ എന്തിനാ അവന്റെ പാദസ്പർശമേറ്റ മണ്ണ് എന്റെ മേലും ഏറ്റിട്ട് എന്നെ ശുദ്ധം ചെയ്യാൻ അങ്ക്രീരേണു എന്ന് ഉദ്ധവരോട് ഭഗവാൻ ഭാഗവതത്തിന് പറയാം ഞാൻ പുറകെ നടക്കണം കബീർ പറയണു ദോഹയില് ഞാൻ രാമാ രാമാ രാമാ എന്ന് വിളിച്ചു ഇപ്പൊ ഞാൻ നിർത്തിയിരിക്കണമെന്ന് പക്ഷെ മൂപ്പുരം നിർത്തുന്നില്ല എന്നാണ് അദ്ദേഹം പുറകെ ചുറ്റിയാണ് കഹത്ത് കബീർ കബീർ കബീർ കബീർ എന്ന് വിളിച്ചുകൊണ്ട് നടക്കണ രാമൻ ഭഗവാൻ ആരെയാണ് ഇഷ്ടം സുധാമാവിനെ കണ്ടപ്പോ കൃഷ്ണൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കുചേലനെ കുചേലനല്ല വികാരം ഉണ്ടായത് ഭഗവാനാണ് വികാരം കുചേലൻ ഒരു വികാരമില്ല ഭാഗവതത്തിൽ നിർവികാരനായിട്ട് പോയി നിൽക്കുകയാണ് കൃഷ്ണന്റെ മുമ്പിൽ കൃഷ്ണൻ ആലിംഗനം ചെയ്യുമ്പോ വികാരപ്പെടാത്ത കൃഷ്ണനാണ് വികാരപ്പെടുന്നത് സഖ്യുഹു പ്രിയസ്യ വിപ്രഷേഹ അംഗസംഗ അതിനിർവൃത്ത പ്രീതോ വ്യമുഞ്ചതബിന്ദു നേത്രാഭ്യാം പുഷ്കരേക്ഷണ ചന്ദാമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ ചന്ദാമരക്കണ്ണൻ അതേ വാക്കുഭാഗുതാൻ പുഷ്കരേക്ഷണ എന്തിനാ ഭഗവാൻ കരഞ്ഞത് സഖ്യുഹു എന്റെ സഖാവാണ് പ്രിയസ്യ എനിക്കേറ്റവും പ്രിയപ്പെട്ടവരാണ് വിപ്ര ഋഷേ ബ്രഹ്മ അംഗസംഘ അതിനിർവൃത്ത തൊട്ടപ്പോ ഭഗവാൻ രോമാഞ്ചണ്ടായത്രേ കുജലനല്ല അംഗസംഘ അതിനിർവൃത്ത പ്രീതോ വ്യമുഞ്ചത് അബിന്ദൂന് നേത്രാഭ്യാം പുഷ്കരേക്ഷണ ഭഗവാൻ കണ്ണീര് വിട്ടു അപ്പോ എന്താ ഈ സുധാമാവിൽ എന്തോ ഒന്നും ഉണ്ട് വിശിഷ്ടമായിട്ട് കൃഷ്ണന് ഇഷ്ടപ്പെട്ടത് അപ്പൊ കൃഷ്ണൻ മോഷ്ടിക്കുകയാണ് കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളത് ഹൃദയം ഈ വെണ്ണ വെണ്ണ എന്നൊക്കെ പറയണതേ ഈ മിൽമ സാധനമല്ല ഹൃദയം ഗോപികകളുടെ ഹൃദയമപ്പി മുഷിത്വാ ഹർഷ സിന്ധ യഥാസ്ത്വം ഹൃദയമപ്പി മുഷിത്വാന്നാണ് വെറും വെണ്ണ മാത്രമല്ല മോഷ്ടിച്ചത് വെണ്ണ മോഷ്ടിക്കണത് ഹൃദയം മോഷ്ടിക്കാൻ ഒരു വഴി മാത്രമാണ് ഹൃദയമാണ് മോഷ്ടിച്ചത് ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പാണ് ഭഗവാൻ ആ വിശപ്പ് എന്ത് ഭക്ഷണം വേണം ഭക്തി എന്നുള്ള ഭക്ഷണം വേണം പ്രേമഭുഖ് എന്നാണ് ആ പ്രേമം എവിടെ ഉണ്ടോ അതാണ് ഭഗവാൻ ഭക്ഷിക്കുന്നത് ഭക്തിയാണ് ഭഗവാൻ ഭക്ഷിക്കണം ഉള്ളം കവർ കൾവൻ മോഷ്ടിക്കണതെന്താ ഹൃദയത്തിനെ മോഷ്ടിക്കണമെന്നാണ് ജ്ഞാനസംബന്ധർ പാടി മൂന്ന് വയസ്സുള്ളപ്പോ പാടി മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എത്ര കണ്ട് ഭക്തി ഒക്കെ മനസ്സിലാവും പക്ഷെ ആ കുട്ടി പാടി ഞാൻ കണ്ടു എന്റെ ഹൃദയത്തിനെ കട്ടോണ്ടു പോയി എന്നാണ് മൂന്ന് വയസ്സ് കുട്ടി മൂന്ന് വയസ്സു കുട്ടിയെ അച്ഛൻ ശീരകാഴിയിൽ കുളത്തിന്റെ കരയിൽ ഇരുത്തിട്ട് കുളിക്കാനിറങ്ങി മന്ത്രമൊക്കെ ജപിച്ചോണ്ടേയിരുന്നു കുട്ടിക്ക് കുറെ നേരം കഴിഞ്ഞപ്പോ വിശന്നു അമ്മേ അച്ചാന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ എന്താ സംഭവിച്ചൊന്നും ആർക്കും അറിയില്ല ആ ശിവാത ഹൃദയർ എന്ന് പറയുന്ന ബ്രാഹ്മണൻ കുളിച്ച് കരകയറി വരുമ്പോ കുട്ടിയുടെ വായന്ന് ഇങ്ങനെ പാലിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ ചോദിച്ചു ആരാ അങ്ങനെയൊക്കെ പാല് തന്നത ചോദിച്ചു ഒരു കള്ളൻ അവൻ എന്ത് ചെയ്തു ആരാ കള്ളൻ ഏത് കള്ളന്റെ അടുത്താണ് പാല് വാങ്ങിച്ചു കൊടുത്തത് തോടുടയ്യവയ്യൻ വിടയേറി ഓർത്തൂൺ കാടയ ചുടലൈ പൊടിപൂശിയുള്ള കവർക്ക ഏടുടയ മലരാൾ മുനാൾ പണിന്തേത്ത അരുൾ ചെയ്ത പീടുടയ ബ്രഹ്മാപുരം മേവിയ പെമാവനോ േ തോടുടയ ശവിയൻ വിടയേറിയ ഓർ തൂവൻ മതിശൂടി കാടുടയ ചുടലൈപ്പൊടി പൂശിയൻ ഉള്ളം കവർ കൾവൻ ശ്മശാനഭൂതി പൂശി ഋഷഭാരൂടനായി വന്നു തോട് തോട് സ്ത്രീകൾ ധരിക്കണ ആഭരണാണേ അതുകൊണ്ട് ഒരു വശത്ത് മാതൃഭൂതേശ്വരനായി വന്നു എന്നാണ് ഭരണത് അങ്ങനെ അങ്ങനെ കൈ കാണിച്ചു അത്രേ കുട്ടി ഇപ്പോഴും ആശയ വിഗ്രഹം അവിടെ പോയി നോക്കിയാൽ കാണാം ഞാനെ സംബന്ധിച്ച് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് കാഴി അപ്പൊ ഉള്ളം കവർക്കള്ളവൻ ഹൃദയത്തിനെ മോഷ്ടിച്ചു ഏറ്റവും മോഷണം ഇഷ്ടമുള്ള മോഷണം ഹൃദയമാണ് ഹൃദയം കവർന്നുകൊണ്ടുപോയി കട്ടുകൊണ്ടുപോയി ഹരി അതാണ് ഹരി എന്തിനെയാ ഹരിക്കണത് ഹൃദയത്തിനെ ഹരിക്കണവനാണ് അങ്ങനെ അപ്പൊ ആ ഭഗവാനെ അറിഞ്ഞ ഭക്തൻ ഭഗവാൻ ഭഗവാന്റെ ഹൃദയം ഭക്തന്റെ അടുത്താണ് ഭക്തന്റെ ഹൃദയം ഭഗവാൻ എടുത്താണ് സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം തു അഹം മദന്യത്തെ ന ജാനി നാഹം തേവ്യോ മനാഗവി എനിക്ക് അവരെ വല്ലാതെ വരുന്നോ അറിയില്ല എന്നെ അല്ലാതെ വരുന്നു അറിയില്ല സാധുക്കൾ എന്റെ ഹൃദയത്തിലിരിക്കുന്നു എന്റെ या साधु हृदय अग्न साधुक लक्षण भगवान्णत अद्वेष्टा सर्वूता मैत्रकुण निर्मो निरहंकार समदुखसुखक्षमी सन्तष्ट सततम योगी यता दृढ़य मय्य मनोबुद्धि യോ മക്ത സമയപ്രിയ ഭക്തന്റെ ഏറ്റവും അത്ഭുതമായ ലക്ഷണങ്ങളുടെ ഒരു പടിയാണ് ഇവിടെ പറയണത് അത് ആണ് നമ്മൾ തുടർന്ന് കാണാൻ പോണത് ഓരോ ലക്ഷണങ്ങളും എടുത്ത് നമുക്ക് ഭക്തന്മാരെ ഓരോരുത്തരെയായിട്ട് നമുക്ക് കാണാം അതിനു ഇവിടെ ഒരു പ്രകാശന കർമ്മം നിർവഹിക്കാനുണ്ട് ഇതിനു മുമ്പ് ഇവിടെ രമണ ഭഗവാന്റെ സന്ദർശനം പ്രഭാഷണം ചെയ്തിട്ടുണ്ട് രാവിലെ ആ സന്ദർശനം മൂലഗ്രന്ഥം തമിഴിൽ ഉള്ളത് നാർപ്പത് എന്ന പേരില് ഉള്ള വളരെ അത്ഭുതമായ ഒരു പ്രകരണ ഗ്രന്ഥമാണ് അതിന് ഞങ്ങൾ രമണോപനിഷത്ത് എന്ന് തന്നെ പറയും അതാ അതാണ് ശരിക്കും ഈ പരാവിദ്യോപനിഷത്തൊക്കെ രാവിലെ എടുക്കുന്നതൊക്കെ അതിന്റെയൊക്കെ മൂലം അതാണ് നാൽപ്പത് ശ്ലോകങ്ങൾ അത് വളരെ കാലമായിട്ട് ഭഗവാന്റെ ചില പാർശ്വന്മാരും ഇവിടെ അറിയണവരൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു അതിനൊന്ന് വിസ്തരിച്ചൊന്ന് മലയാളത്തിൽ ഒരു ഭാഷ്യം എഴുതേണ്ടതാണ് എന്ന് പറഞ്ഞു ആ ഗ്രന്ഥം ഒരു വേദാന്തത്തിൽ ഇതിനെ അതിശയിക്കുന്ന വേറൊന്നും തന്നെ ഇല്ല എന്ന് പറയാം ഇത്രയുമധികം ആത്മവിചാരമാർഗത്തിനെ പ്രകാശിപ്പിച്ചിട്ടുള്ള ഒരു അത്ഭുതമായ ഒരു കൃതിയാണ് ഈ ഉള്ളതിനാപ്പത് തമിഴ് അതിന്റെ സംസ്കൃത രൂപമാണ് ഈ സദർശനം എന്ന് പറയണത് ഇത്രയും വിശിഷ്ടമായ ഒരു ഗ്രന്ഥം വേദാന്തത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയും ആചാര്യസ്വാമികളുടെ കൃതികളൊക്കെ പോലും ഫൗണ്ടേഷനൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും കുറെ നേരമാവും ഇത് ഈ നാൽപ്പത് പാട്ടിൽ ഭഗവാൻ വിവേകിച്ചുടാമണെങ്കിൽ അതുമൊക്കെയുള്ള കാര്യവും പ്രായോഗികമായി വിചാരസാധനയെ പ്രകാശിപ്പിക്കലും ഒക്കെ ചെയ്തിരിക്കണം അതേതായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായി പുറത്തെവിടെയും പോകാതിരുന്നത് കൊണ്ട് അതിനൊരു ഭാഷ്യം എഴുതി തയ്യാറാക്കുകയും പിന്നെ കുറേ നേര വർഷ കുറേ ദിവസങ്ങളായി അതിനുവേണ്ടി അത് പ്രചരിച്ച് പ്രിന്റായി വരാൻ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ അത് ഈ വർഷം ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് എന്തായാലും പ്രകാശിപ്പിക്കണം നിശ്ചയിച്ചിരുന്നതാണ് സ്വാത്മസുഖി എന്ന പേരിൽ തന്നെ ആ ഭാഷ്യം ആ വ്യാഖ്യാനം വ്യാഖ്യാനം തന്നെ ഒരു ഗ്രന്ഥാണ് ഇതിലിപ്പോ എനിക്ക് അതിൽ കർതൃത്വമൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ ഗാംഭീര്യം എനിക്ക് തന്നെ പറയാവുന്നതാണ് അത് അത്രയും പ്രൗഢവും അനുഭൂതി സമ്പന്നവുമായ ഒരു ഗ്രന്ഥമാണ് ഇതിനെ വളരെയധികം ആശിച്ച് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന രണ്ടു പേരിവിടെ ഉണ്ട് അതിൽ ഒരാളിവിടെയില്ല ഒന്ന് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അതിന് വളരെ ആശിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഇതിന്റെ പ്രൂഫൊക്കെ നോക്കി അതുകൂടാതെ വേറെ ഒന്ന് രണ്ടാളും അതിന്റെ പ്രൂഫൊക്കെ വളരെയധികം സൂക്ഷിച്ചു നോക്കി പിന്നെ മറ്റൊന്നിവിടെ ശ്യാം ഇവിടെ ഉണ്ട് ശ്യാമതൊരുപാട് പരിശ്രമിച്ചു അതിന് പുറകില് അതൊന്ന് പ്രിന്റായിട്ട് വരാനായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് പ്രിന്റ് ചെയ്തതും അത് ഇന്നാണ് നമുക്ക് കിട്ടിയത് ആ പുസ്തകം ഈ സ്വാത്മസുഖി ഈ പുസ്തകത്തിനെ ഇപ്പോ ഇവിടെ പ്രകാശിപ്പിക്കണം പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കർമ്മമൊന്നുമില്ല എന്നാൽ ആ പുസ്തകത്തിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണം അതിനുവേണ്ടിയിട്ടാണത് ഇന്നലെയാണ് അതൊരു അഞ്ചു പുസ്തകം രമണ ഭഗവാന്റെ അധിഷ്ഠാനത്തിൽ വയ്ക്കാനായിട്ട് അയച്ചിട്ടേ ഉള്ളൂ സാധാരണ നമ്മള് ഭഗവാന്റെ സമാധിസ്ഥാനത്തിൽ വെച്ചിട്ടേ പ്രകാശിപ്പിക്കുകയുള്ളൂ ഇതിപ്പോ അപ്പോഴേക്കും ഇവിടെ കഴിഞ്ഞു പോകും അതുകൊണ്ട് എഴുതുമ്പോൾ തന്നെ ഭഗവാൻ അവിടെ ഇങ്ങോട്ട് അർപ്പിച്ചു എഴുതിക്കഴിഞ്ഞപ്പോ തന്നെ ആ രൂപത്തിൽ തന്നെ ഭഗവാന്റെ സമാധിയിൽ കൊണ്ടുവച്ചിട്ടാണോ കൊണ്ടുവന്നത് ആ പുസ്തകത്തിനെ ഇവിടെ പ്രകാശനം ചെയ്യാണ് ഇപ്പോ ഉണ്ണികൃഷ്ണൻ ഇവിടെയില്ല അതുകൊണ്ട് ആദ്യം ശ്യാമന് തന്നെ ഇത് കൊടുക്കാം നികൃഷ്ണനുള്ള കോപ്പിയും ഇവിടെ ശ്യാമന്റെ കയ്യിൽ തന്നെ കൊടുക്കാം പിന്നെ നമുക്ക് വളരെ അടുത്തുള്ള ഒരുപാട് പേരിതിനുവേണ്ടി യത്നിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഇവിടെ ലഭ്യമാണ് വേണമെന്നുള്ളവർക്ക് അവിടുന്ന് വാങ്ങിക്കാം ആശ്രമത്തിന് രമണാശ്രമത്തിന്റെ പബ്ലിക്കേഷനാണ് ആശ്രമത്തിന്റെ പബ്ലിക്കേഷൻ മലയാളമായതുകൊണ്ട് ഇവിടുന്ന് അടിച്ചു കൊടുത്തു അത്രയുള്ളൂ വേണമെന്നുള്ളവർക്കിവിടെ ലഭ്യമാണ് അതിവിടുന്ന് സ്വീകരിക്കാവുന്നതാണ് ഇനിയിപ്പോ നാമസംകീർത്തനം ചെയ്ത് നിർത്താം നാളെ രാവിലെ പതിവ് പോലെ രമണപരാവിദ്യോപനിഷത്ത് ഒരു മിനിറ്റ് ഇത് കഴിഞ്ഞിട്ടൊരു പ്രഭാഷണ പരമ്പരയുണ്ട് അത് പറയാനിങ്ങോട് മറന്നു മറന്നു പോയി ഇത് കഴിഞ്ഞ അടുത്ത ദിവസം അതായത് ഞായറാഴ്ച കഴിഞ്ഞ തിങ്കൾ ചൊവ്വാ ബുധൻ വ്യാഴം നാല് ദിവസം ലളിത മഹാളിന് വച്ച് രമണ ഭഗവാന്റെ അരുണാചല അക്ഷരമണമാലയിൽ ഇതിനു മുമ്പ് ഒരു മുപ്പത്തഞ്ച് പാട്ട് പ്രഭാഷണം കഴിഞ്ഞതാണ് ബാക്കിയുള്ള പാട്ടുകള് അത് പ്രഭാഷണമാണ് രാവിലെയും അത് തന്നെ വൈകുന്നേരവും രാവിലെ ആറ് മുതൽ എട്ട് വരെ നോട്ടീസിൽ അടിച്ചിട്ടുണ്ട് പക്ഷെ ആറു ശം പരമാകാങ്കണരിണലോലയാസം പരമായാസം മാതാമനാരം ുവനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദോവിന്ദം പരമാനന്ദം സ്നവ്യകുലയോഷവസ്ത്രമുപയാഗമുടം വ്യാധി സന്താദ്യുപാകർഷ നിർദ്ധൂതയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തം സ ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഭജ ണമാതിമിം കാളമനാഭാസം കാളിന്ദീകാളിയശിരസി സുത്യം മുഹുരന്ത കാളം കാ കലിതാശേഷം കലിദോഷം കാളത്രയതിഹേതു മതി ത്വമ തോന്നാച്യം മമക യഥാഷ്ടം ആത്മനെ